താലൂത്ത് സൈന്യവുമായി പുറപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു തീർച്ചയായും അള്ളാഹുസുബാനഹൂവത്ത് ആയാല ഒരു പുഴയിലൂടെ നിങ്ങളെ പരീക്ഷിക്കുകയാണ് അതിനാൽ അതിൽ നിന്ന് കുടിക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ല കൈകൊണ്ട് ഒരു പിടി വെള്ളമെടുക്കുന്നവരൊഴികെ അതിൽ നിന്ന് കുടിക്കാത്തവൻ എന്നിൽപ്പെട്ടവനാകുന്നു എന്നാൽ അവരിൽ കുറച്ചുപേരൊഴികെ എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു അദ്ദേഹം അതിനെ അതിക്രമിച്ചു കടന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവർ പറഞ്ഞു ജാലൂത്തിനേയും അവൻറെ സൈന്യത്തെയും നേരിടാൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തിയില്ല എന്നാൽ അള്ളാഹു സുബഹാനഹൂവച്ചയാലയെ കണ്ടുമുട്ടുമെന്ന് ഉറപ്പുള്ളവർ പറഞ്ഞു അള്ളാഹുസുബഹാനഹൂവ ചായാലയുടെ അനുമതിയോടെ ചെറിയൊരു സംഘം വലിയൊരു സംഘത്തെ പരാജയപ്പെടുത്തിയത് എത്രയോ തവണയുണ്ട് അള്ളാഹു സുബഹാനഹൂവച്ചഅാല ക്ഷമിക്കുന്നവർക്കൊപ്പമാകുന്നു